some ംശത്തിന്റെ ഉപഘാത ഭാഷ്യമാണ് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ രണ്ടു ദിവസം നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന കർമ്മകണ്ഡങ്ങൾ ഉപാസനാകണ്ഡങ്ങൾ അവയ്ക്ക് ഈ ഉപനിഷത് ഭാഗമായിട്ടുള്ള ബന്ധം എങ്ങനെ അതെല്ലാം ബ്രഹ്മജിജ്ഞാസയ്ക്ക് ഉപയോഗപ്പെടുന്നു എന്ന് തുടങ്ങുന്ന ബ്രഹ്മജിജ്ഞാസ ഈ ജിജ്ഞാസയ്ക്ക് മുമ്പുള്ള ഭാഗങ്ങൾ എത്രത്തോളം ആവശ്യമാണ് രണ്ടും ചർച്ച ചെയ്യുന്നുണ്ടോ അതിന്റെ സാർത്ഥകതയും നിർത്തുകതയും അത് വിശേഷിച്ചും ആ വൈദികധർമ്മത്തിൽ നിന്നുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഈ ഭാഗം നിസ്സാരമെന്ന് തോന്നുമെങ്കിലും നമ്മുടെ ഭാഷകാരന്റെ വിവക്ഷ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആ വൈദികധർമ്മം വർണ്ണധർമ്മത്തിലും ആശ്രമധർമ്മത്തിലും അധിഷ്ഠിതമായിരിക്കുന്ന ആ വൈദിക ധർമ്മം ആ ധർമ്മത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഇത് ശരിക്കും മനസ്സിലാവും ഇത് ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഇന്നത്തെ ഒരു സാമൂഹിക നിലയിൽ നിന്നത് മനസ്സിലാക്കിയ നാശക്കുഴപ്പങ്ങളുണ്ടാകും അങ്ങനെ ഇവിടെ വിദ്യ കർമ്മം എന്നെല്ലാം പറയുന്നതിന് ഇന്നത്തെ അർത്ഥങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല അത് പ്രയോഗിച്ചിരിക്കുന്നു രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കിയിട്ട് പലപ്പോഴും വ്യാഖ്യാനങ്ങളിൽ അതിനെ വിസ്മരിച്ചിട്ട് കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നുള്ള എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കും പക്ഷെ അത് ഇതിന്റെ ശരിയായ താല്പര്യത്തെ വെളിപ്പെടുത്തുന്നതിന് അത് തുടക്കം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു ജിജ്ഞാസ ഇവിടെ ഗുരു ശിഷ്യ സംവാദരൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് ശിഷ്യൻ ഗുരുവിനോട് സംശയ രൂപത്തിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നു ഗുരു സമാനം പറയുന്നു അതൊരു ചോദ്യത്തിന്റെ രൂപത്തിലാണെങ്കിലും അത് കേവലം തർക്കത്തിന്റെ ശൈലിയല്ല കേവല തർക്കമെന്ന് പറയുമ്പോൾ കേവല യുക്തി അതിന്റെ നിലയിലല്ല ഇവിടത്തെ ചേർക്കുകർക്കേണം മധുരാപനേയോ ആ ശ്രുതി തന്നെ പറയുന്നു മനനം വേണ്ടതാണ് പക്ഷെ കേവല യുക്തി കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആചാര്യന്റെ അനുഭവത്തെ പിൻപറ്റി വരുന്ന യുക്തി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മനനം അതുകൊണ്ട് അടുത്ത് പറയുന്നു ആചാര്യവാൻ പുരുഷവേ പലതവണ ഭക്ഷികാരൻ ആവർത്തിക്കുന്നു ഗുരു ഗുരുവിൽ നിന്നാണ് ഇത് ഗ്രഹിക്കേണ്ടത് ശാസ്ത്രം ഗുരുവിന്റെ വചനമാണ് നമ്മൾ ശ്രവിക്കുന്നത് ഗുരുവിന്റെ വചനമാണ് ശാസ്ത്രമാണ് ഗുരുവിന്റെ വചനമാണ് അവിടെയും ഗുരുവിന്റെ സാന്നിധ്യമുണ്ട് ആ ശാസ്ത്രത്തെ ഉപദേശിച്ച ഗുരുവിന്റെ സാന്നിധ്യമുണ്ട് ആ ഗുരുവിന്റെ വാക്കുകളാണ് നമ്മൾ ഈ ശാസ്ത്രത്തിലൂടെ സ്മരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗുരുവിനെ ആശ്രയിക്കുന്നില്ല ഒരാളങ്ങനെ കരുതുകയാണ് ഞാൻ പുസ്തകം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് പലരും പറയും എനിക്ക് പ്രത്യേക ഗുരുക്കന്മാരൊന്നുമില്ല ഞാൻ വായിച്ച് മനസ്സിലാക്കുകയാണ് എന്തിനാ വായിച്ചത് നമ്മൾ ഗുരുവിന്റെ വചനങ്ങളെ തന്നെ ബാവിഡിയും ഗുരുവിന്റെ സാന്നിധ്യമാണ് പക്ഷെ ഗുരുവിന്റെ സാന്നിധ്യം ഗുരുവന് ശരിയായി പ്രയോജനപ്പെട്ടില്ല കാരണം അങ്ങ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അപരിപക്വമായ ബുദ്ധിക്കനുസരിച്ച് ആ വായനയിൽ നിന്ന് നമുക്ക് വിപരീത ഗ്രഹണം ഉണ്ടാകും സംശയമുണ്ടാകും നമ്മുടെ അജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇതിനെ ഗ്രഹിക്കുന്നത് അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ വരും ആ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വീണ്ടും ഒരു ഗുരുവിന്റെ സഹായം തന്നെ വേണ്ടിവരും അതിനു വിദ്യാ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പം വീണ്ടും ആചാര്യന്റെ സജീവ സാന്നിധ്യം വിദ്യക്കാവശ്യമായി വിദ്യേത്തിയായിരിക്കും സംശയത്തെ സംശയത്തെ ഛേദിക്കുന്ന തരത്തിൽ വിദ്യ പ്രത്യക്ഷമായാലേ അത് ഫലപ്രദമാകട്ടും അതിന് ഗുരുവിന്റെ സാന്നിധ്യം ആവശ്യമാണ് അതുകൊണ്ട് പറയുന്നു ഭാഷകാരൻ ആചാര്യവാൻ പുരുഷോ വേദ ജിജ്ഞാസ് പുരുഷൻ എന്ന് പറഞ്ഞിവിടെ ജിജ്ഞാസെന്നറിയും ആ ജിജ്ഞാസ് ആചാര്യനിൽ നിന്നും അത് ഗ്രഹിക്കുന്നു ഒന്നുകൂടി പറയുന്നു ആചാര്യവ വിദ്യ വിധിത സാധിഷ്ടം പ്രാപത് സാമാന്യ നിയമമായിട്ട് പറയുകയാണ് ആചാര്യനിൽ നിന്നും മായ വിദ്യ ആചാര്യനിൽ നിന്നും ഗ്രഹിച്ച വിദ്യ ആചാര്യനിൽ നിന്നും നേരിട്ടറിഞ്ഞ വിദ്യ എന്നർത്ഥം ഗ്രന്ഥത്തിലൂടെ അറിഞ്ഞാൽ അത് അത് ഫലവത്തായിത്തീരുന്നു മഹാത്മാക്കൾ അങ്ങനെ ആചാര്യന്റെ അടുത്ത് പോയി വിദ്യ ഗ്രഹിക്കാതെ ജ്ഞാനികളായിട്ടുണ്ട് അങ്ങനെയും കാണുന്നുണ്ട് പക്ഷേ പൂർവ്വജന്മങ്ങളിൽ അവർ ആചാര്യന്മാരിൽ നിന്ന് വിദ്യ ഗ്രഹിച്ചിരിക്കുന്നു കാരണം വിദ്യയുടെ പാരമ്പര്യമാണത് പൂർവ്വ ജന്മങ്ങളിൽ ആചാര്യന്മാരിൽ നിന്നും ഗ്രഹിച്ച വിദ്യ ഈ ജന്മത്തിൽ പ്രകാശിക്കുന്നതായിരിക്കും എന്തായാലും അത് ആചാര്യന്മാർ മഹാത്മാക്കളിൽ അങ്ങനെ കാണുന്നതുകൊണ്ട് സാധാരണക്കാർ അതിനെ പിന്തുടരാൻ പാടില്ല സാധാരണക്കാർക്ക് ഗുരു കൂടിയേറ്റി വിദ്യ ഉപദേശിക്കുന്ന ഗുരു ഉണ്ടായാലേ മതിയാവും ആചാര്യന്മാരങ്ങനെ അനുകരിക്കാൻ പാടില്ല കാരണം അതനേക ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാണ് ഒരു മഹാത്മാവ് അങ്ങനെ പ്രത്യക്ഷമാകുന്നത് അത്തരം സംസ്കാരവും പുണ്യസഞ്ചയവും ഒന്നുമില്ലാത്തൊരുവൻ ഞാനും അതുപോലെ ഗുരുവിന്റെ സഹായമില്ലാതെ വിദ്യ നേടും എന്ന് ചഠിക്കുന്നത് ബാരിസമാണ് മൂർഖതയാണ് ഇനി അങ്ങനെ അല്ലാതെ നേടാൻ ശ്രമിച്ചാലോ ഒരു ഗുരുവിന്റ ഉപദേശം കൂടാതെ സ്വയം സ്വന്തം പരിശ്രമം കൊണ്ട് ദുരഭിമാനം കൊണ്ട് ഒരു ഗുരുവിന്റെ സമീപത്ത് പോവുക ഗുരുവിന്റെ ശുശ്രൂഷ ചെയ്യുക ഗുരുവിന്റെ ഉപദേശം ഇതെല്ലാം ഉള്ള ദുരഭിമാനം കൊണ്ട് ഒരാൾ ശ്രമിച്ചാലോ സാധിഷ്ഠം ഇവിടെ പറയുന്നില്ല സാധിഷ്ഠമാകത്തില്ല ഇത് ഫലപ്രദമാകത്തില്ല അതൊരു ഭാഷകാരൻ ഇതെല്ലാം എഴുതി വെച്ചു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചാണ് ആൾക്കാർക്കിത് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി എഴുതി വെച്ച എന്നാലും അവിടെ ഗുരുവിന്റെ പ്രാധാന്യത്തെ പറയുന്നു ഗുരുവിൽ നിന്ന് ഗ്രഹിച്ചാൽ മാത്രമേ ഇത് ഫലവത്താകത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞു ആചാര്യ ദൈവ വിദ്യാവിധുത സ്വാദിഷ്ടം പ്രാബ് ഇത് ശ്രുതിയാണ് ആചാര്യന്റെ വാക്കല്ല തദ്വിധി പ്രണിപാതേന വിധിവ നിയമമനുസരിച്ച് ഗുരുവിനെ സമീപിക്കേണ്ട തരത്തിൽ വിനയത്തോടും മറ്റും അതാണ് സൂചിപ്പിക്കുന്നത് അഹങ്കാരമില്ലാതെ അഭിമാനമില്ലാതെ അതാണ് പ്രതിപാദം കൊണ്ടുദ്ദേശിക്കുന്നത് ഗുരുവിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കണം ഇത്യാദി ശ്രുതി സ്മൃതി നിയമാ ഇങ്ങനെ ശ്രുതി സ്മൃതിയും എല്ലാം നിയമം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ജിജ്ഞാസും ഒരു ഗുരുവിനെ സമീപിച്ച് ചോദിക്കുകയാണ് കേനേഷിതം പദ്ധതി ോദിക്കുന്നു എന്നാണ് ആ സന്ദർഭത്തെ വ്യാഖ്യാനിക്കേണ്ടത് അതുകൊണ്ട് കശ്യ ഗുരു ബ്രഹ്മനിഷ്ഠം വിധിവതുപേത്യ പ്രത്യേകാത്മവിഷയാതന്യത്ര ശരണം അപശ്യൻ അഭയം നിത്യം ശിവം അചലം ഇച്ഛൻ പപ്രഛ ഇത് കല്പിയതേ അതുകൊണ്ടിവിടെ ഈ ശ്രുതി സന്ദർഭത്തിൽ ഇങ്ങനെ നമുക്ക് കൽപ്പിക്കാം ഇവിടെ ഒരു ചോദ്യവും സമാധാനവുമായിട്ട് ഈ വിദ്യ ഉപദേശിക്കുന്നുണ്ട് നമുക്ക് കൽപ്പിക്കാം എന്താണ് ഒരുവൻ ജിജ്ഞാസുവായ ഒരുവൻ ജിജ്ഞാസു എന്ന് മാത്രമല്ല നമ്മൾ പറഞ്ഞ തരത്തിൽ വിരക്തനായ ഒരുവൻ കശ്യ ഗുരു ഒരു ഗുരുവിനെ സമീപിക്കുന്നു ഇവിടെ ഗുരു ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ശിഷ്യനാരാണ് എന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കാം ബ്രഹ്മനിഷ്ഠം ബ്രഹ്മനിഷ്ഠനായ ഗുരു ബ്രഹ്മനിഷ്ഠൻ പറയുമ്പോ പറഞ്ഞു എന്താണ് ഹിദ്യന്തെ ഹൃദയ ഗ്രന്ഥിദ് സർവസംശയാ സർവ സംശയങ്ങൾ മാറ്റവൻ ലോകകാര്യങ്ങളിലുള്ള സംശയങ്ങളല്ല ആത്മവിദ്യയിലുള്ള സംശയം അതില്ലാതായ അതെങ്ങനെ ഇല്ലാതാകത്തുള്ള തസ്മിൻ ദൃഷ്ട വരാവരെ ആ പരമാത്മ സാക്ഷാത്കാരത്തിൽ ആത്മവിഷയമായിട്ടുള്ള സംശയങ്ങളും ഒടുങ്ങിയവൻ അവനാണ് ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഗുരുവിനെ വിധിവതുപേത്യ അഹങ്കാരഹിതനായി ഗുരുവിനെ സമീപിച്ച് പ്രത്യേകാത്മവിഷയാതന്യത്ര ശരണം അപശ്യൻ പൂർണ്ണവിരക്കനായി അവിടെ ലൗകികമായ മോഹങ്ങളൊന്നും കൂടാതെ ആ ഗുരുവിൽ നിന്ന് ലൗകികമായ യോഗക്ഷേമങ്ങളൊന്നും ആഗ്രഹിക്കാതെ ആത്മീയമായ കാര്യങ്ങളിൽ ആഗ്രഹമുണ്ട് അതാണ് പറഞ്ഞത് പ്രത്യേകാത്മവിഷയാതന്യത്രം അവനൊരു കാമനുണ്ടാകാം ഏതിൽ ജിജ്ഞാസ പ്രത്യേകാത്മാവ് ഈശ്വരപ്രാപ്തിക്കുള്ള കാമന ഉണ്ടാകാം അതല്ലാതെ മറ്റൊരിടത്തും ശരണം അപശ്യൻ ലൗകികമായ കാമനകളിൽ നിന്നെല്ലാം സ്വയംമോചിതനായി വിരക്തസ്യാന്നൊന്നു പോകാൻ വേറെ തരത്തിൽ പറയും സാധന സമ്പന്നനായി അവനെന്ത് ചെയ്യുന്നു അഭയം നിത്യം ശിവം അച്ചലം ഇച്ഛൻ അങ്ങനെയുള്ള ബ്രഹ്മവസ്തുവിനെ സ്വസ്വരൂപത്തെ പ്രത്യേകാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി ആത്മജ്ഞാനത്തിനുള്ള ദാഹത്തോടുകൂടി അതെങ്ങനെയാണ് അഭയമാണ് അവിടെ സർവഭയങ്ങളും മുടങ്ങുന്നു മനസ്സിന്റെ എല്ലാ ഉത്കണ്ഠകളും ഒടുങ്ങുന്നു നിത്യം നിത്യപ്രതിഷ്ഠിതമാണ് ഒരിക്കൽ ആ ജ്ഞാനത്തെ പ്രാപിക്കുക വീണ്ടും അജ്ഞാനിയാകുക അങ്ങനെയെന്ന് സംഭവിക്കുന്നു അതിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു നിത്യമായി തീരുന്നു ശിവം അത് മംഗളസ്വരൂപമായിരിക്കുന്നു ആത്മവിദ്യയെ പ്രാപിക്കുന്ന മുതൽ പിന്നീട് മറ്റൊരു അമംഗളവും സംഭവിക്കുന്നില്ല അവന്റെ അന്ധകരണത്തിൽ മറ്റൊരു മാലിന്യവും പിന്നീട് കടന്നു വിടുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു അതാണ് ശിവം ശിവസ്വരൂപമായ അചലം ഒരിക്കലും അതിൽ നിന്നും ശുതി സംഭവിക്കാത്ത സംസാരമെന്ന് പറയുന്നത് ഒരുതരത്തിൽ അതിൽ നിന്നും ച്യുതി സംഭവിച്ചതുപോലെയാണ് സുഹൃപ്തിയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുന്നു സുഹൃപ്തിയെക്കുറിച്ച് പറയുന്നത് എന്താണ് അത് ശിവമാണ് ആ ശിവത്തിൽ നിന്നും വ്യതിചലിച്ച് ജാഗ്രതയിലേക്ക് വരുന്നു അതുപോലെ ഒരു ചുതി ഒരു ഭ്രംശം തന്നെ സംഭവിച്ചിരിക്കുന്നതാണ് ഈ സംസാരം സ്വയം ഒരു ഭ്രമത്തിന് പക്ഷേ ഇവിടെ ബ്രഹ്മധിഷ്ഠനായ ഗുരുവിനെ സമീപിച്ച് ആത്മവിദ്യ നേടിയാൽ അവൻ അച്ചലനായിത്തീരുന്നു പിന്നീടൊരു വ്യതിചലനം അവനും സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള ആസ്ഥിതിയെ മുക്തിയെ ഇച്ഛൻ അങ്ങനെ ഒരുവൻ ആഗ്രഹിച്ചുകൊണ്ടിവിടെ പപ്രച്ച ഇതിൽ നിന്നൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എന്താണോ യോഗ്യനായ ഒരുവൻ യോഗ്യനായ ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ മാത്രമേ ഈ വിദ്യ ഫലവത്തായിത്തീരുന്നു പൂർണ്ണമായ ഫലം അവിടെ ഉണ്ടാകുന്നു അത് രണ്ട് സംഭവിക്കും ഒരു യോഗ്യനായ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിന്റെ സമീപത്തിൽ അതുപോലെ യോഗ്യനായ ഒരു ജിജ്ഞാസു അവിടെ വിദ്യ ഫലവത്തായിത്തീരും അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ തകരാറുകൊണ്ടും ശിഷ്യന്റെ തകരാറുകൊണ്ടും അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്നിന്റെ തകരാറുകൊണ്ടും ചിലപ്പോൾ രണ്ടും തകരാറായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് തകരാറായിരിക്കും എന്തായാലും വിദ്യ മുമ്പ് പറഞ്ഞ പോലെന്താണ് സ്വാധിഷ്ഠം ഒരാപദ് പൂർണമായ ഫലപ്രാപ്തിയിലെത്തത്തില്ല അതിനർത്ഥം വിദ്യ സഫനമല്ല എന്നുള്ള ചർച്ച ചെയ്ത് തന്നെ പലയിടത്തും ചോദി ഈ വിദ്യ കൊണ്ടെന്താ പ്രയോജനം ഇത്രയും ശ്രമകരമായി ഈ വിദ്യയെ അനുസന്ധാനം ചെയ്തിട്ടും ഇതൊന്നും ഫലമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്തു ഫലമാണ് ഈ വിദ്യയിൽ നിന്നും ലഭിക്കേണ്ടതായ പരമമായ ഫലം അതുണ്ടാകുന്നില്ലല്ലോ എന്ന് ചോദ്യങ്ങൾ പലയിടത്തും ഉന്നയിക്കുന്നുണ്ട് ഈ വിദ്യയുടെ ഫലം എന്ന് പറയുന്നത് ഒരു കല്പനയാണോ കാൽപ്പനികമാണോ ഇവിടെ പറഞ്ഞല്ലോ അഭയം നിത്യം ശിവം അച്ചലം അങ്ങനെയൊരു ഫലം ഉണ്ടാകണം അശ്രാന്ത പരിശ്രമം ചെയ്തിട്ട് ഒരുവിനില് അങ്ങനെ ഒരു ഫലം കാണുന്നില്ല വിദ്യ വ്യർത്ഥമാണോ കൂടി അവസാനം എത്തിച്ചേരുന്ന എന്താണോ സമാധാനം അത് ആ ശ്രോതാവിന്റെയും ഭക്താവിന്റെയും യോഗ്യതയെ ആസ്വദിച്ചിരിക്കുന്നത് രണ്ടിടത്തും വേണം യോഗ്യത അത് രണ്ട് ഒത്തുചേരുമ്പോൾ ഈ വിദ്യ അനായാസമായി ഫലത്ത് കൊടുക്കുന്നതാണ് ശ്രമരഹിതമായി ഫലത്ത് കൊടുക്കുന്നതാണ് മറ്റ് ശ്രമങ്ങളല്ല അതുവരെയുള്ള ശ്രമങ്ങളല്ല ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥമല്ല അത് ചരമഫലത്തെ കൊടുത്തില്ലെങ്കിലും മറ്റു അവസാനത്തെ ഫലത്തെ അത് കൊടുത്തില്ലെങ്കിലും ആ വ്യക്തിയുടെ ശ്രോതാവിന്റെ യോഗ്യതയുടെ പൂർത്തീകരണത്തിന് സഹായി വ്യർത്ഥമാവും അത് വിശിഷ്ടമായ സംസ്കാരത്തെ ഉണ്ടാകും ണത്തിൽ ആ സംസ്കാരം വിശുദ്ധിയുണ്ടാകും അവിടെ വിദ്യ ക്രമമായി പ്രകാശിക്കും എന്തായാലും അത് വൃദ്ധമാകത്തില്ല ഏതു തരത്തിലായാലും വിദ്യ നിഷമല്ല ആത്യന്തികമായി നിഷ്പലമല്ല എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഇത്രയും ആമുഖമായി പറഞ്ഞത് അതായത് വിദ്യയിലേക്ക് എങ്ങനെ കിടക്കണം അത് കിടക്കുന്നതിനുള്ള യോഗ്യത എന്താണ് അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് തികച്ചും വൈദികമായ നിലയിൽ പക്ഷികാരനൂടെ വിശദീകരിച്ചിട്ടുണ്ട് അടുത്ത് മന്ത്രത്തെ വ്യാഖ്യാനിക്കുക ചുഃത്രോ യുനക്തി കെക്കിഷിത േതം സന്മന പദതി ഗതി സ്വവിഷയം പ്രതീതി സംബദ്ധ്യതിപ്പോ ഒരു ജിജ്ഞാസ ആത്മജിജ്ഞാസനാണ് സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചിന്താശീലനായ ഒരുവൻ സ്വയം ചോദിക്കും അവിടെ പറയുന്നു ഇതിന് ഇതൊരു ആചാര്യനോട് ചോദിച്ചാണ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം കാരണം ഇതിനൊരു സമാധാനം ആചാര്യനിൽ നിന്നേ കിട്ടത്തും തന്നോട് ഈ ചോദ്യം ആവർത്തിച്ചിട്ടാണ് ആ ചോദ്യത്തിനൊരു സമാധാനം കിട്ടാതെ വരുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഇവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് എന്നന്വേഷിച്ചു പോകുന്നു അങ്ങ് ആചാര്യനെ കണ്ടുമുട്ടുന്നു ഒടുവിൽ ആചാര്യന്റെ മുമ്പിൽ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നു ഗുരുവൻ അത്രയും യോഗ്യനാണെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ മുമ്പ് പറഞ്ഞല്ലോ ആ ചോദ്യം ആവർത്തിക്കണം ആ ചോദ്യം വാസ്തവത്തിൽ മനനമാണ് തർക്കമല്ല ഗുരുവിന്റെ ഉള്ളിൽ തന്നെ അതിന് സമാധാനം കിട്ടിയെന്നിരിക്കാം അതാണ് പല മഹാത്മാക്കളും നമ്മൾ കാണുന്നത് പക്ഷെ അതിന് കാരണവർ മുമ്പ് ഗുരുശിശുഷാചാര്യസേവ ചെയ്തവരായി അതിന്റെ ഫലം ഈ ജന്മത്തിലുള്ളവർക്ക് ഫലത്തെ കൊടുക്കുന്നു എന്തായാലും ഇതിന്റെ തുടക്കം ഇത് തന്നോട് തന്നെ ചോദിക്കുന്ന ആത്മജിജ്ഞാസയാണ് കാരണം ഇവിടെ ബാഹ്യമായ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചോദിക്കുന്നത് കേന വിശിതം ഏതൊരുവൻ ഇച്ഛിച്ചിട്ടാണ് ഇഷ്ടം അഭിപ്രേതം ഏതൊരുവന്റെ ഇച്ഛ അല്ല ഇനി ഏതൊരുവൻ പ്രവർത്തിപ്പിച്ചിട്ടാണ് എന്നും പറയാം മനഃ പദതി യക്ഷതി സംശയം പ്രതി മനസ്സ് അതിന്റെ വിഷയങ്ങളിലേക്ക് പതിക്കുന്നത് ഇതാരിച്ചിട്ടാണ് ആരാണ് ഈ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നത് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താണ് മനസ് സ്വയം പ്രവർത്തിക്കുന്നു കരുതിയ പോരെ അവസാനം ഭക്ഷ്യക്കാരൻ്റെ ആവശ്യവും ചർച്ചയും മനസ്സ് സ്വയം പ്രവർത്തിക്കുന്നു എല്ലാവർക്കും അറിയാം പക്ഷെ മനസ്സ് സ്വയം പ്രവർത്തിക്കുകയല്ല മനസ്സിന് പ്രവർത്തിക്കുന്നതിന് എന്തോര പ്രേരണ വരുന്നുണ്ട് സ്വയം തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വൃത്തി ഭാഷകാലം മുറി എന്താണ് സ്വയം പ്രവർത്തിക്കുകയാണെങ്കിൽ അനിഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു മനസ്സ് അരുത് എന്ന് ശാസ്ത്രവും ആചാര്യനും ശിഷ്ടന്മാരും എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും മനസ്സ് അവിടെക്കുന്ന പോവും മനസ്സിനങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല മനസ്സിനും പ്രേരകമായി എന്തോ ഒന്നുണ്ട് അതിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് പരവശനായി പ്രവർത്തിക്കുക ആ മനസ്സിനെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ അതെല്ലാം അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം മനസ്സെന്ന് പറയുമ്പോഴും നമ്മൾ സാധാരണ മനസ്സ് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനം അതിനാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് പൂർണ്ണമായും മനസ്സെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ വികാര വികാരങ്ങളെ വിഷയഗ്രഹണത്തെ വിഷയബോധത്തെ അതിനെയാണ് മനസ്സെന്നിവിടെ ഉദ്ദേശിക്കുന്നത് അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല ും മനസിനെ കുറിച്ച് പഠിക്കുന്നതും എല്ലാം മനസ്സിലാണ് ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും മനസ്സിലാണ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നതും മനസ്സിലാണ് മനസ്സിനെ കുറിച്ച് പഠിക്കുന്നതിനും ആത്യന്തികമായി ഒരുപായമേ ഉള്ളൂ ഈ മനസ്സ് മാത്രം ഇനി മറ്റെന്തെങ്കിലും ഉപായങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് മനസ്സാണത് സ്വീകരിക്കുന്നത് മനസ്സിലൂടെ തന്നെ അത് സംഭവിക്കുന്നു നമ്മളെന്തെങ്കിലും ബാഹ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനസ്സിനെ പഠിക്കുന്നു എന്നിരിക്കട്ടെ അത് ഉപയോഗിക്കുന്നവർ മനസ് മനസ്സുപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെ മനസ്സ് മനസ്സിനെ പഠിക്കുന്നു അപ്പൊ അതിലിവിടെ മനസ്സെന്ന് പറയുന്നത് എന്തിനാണ് അത് ഈ മനസ്സിന്റെ വ്യാപാരങ്ങളെയാണ് പ്രവർത്തനങ്ങളെയാണ് മനസ്സെന്ന് പറയുന്നത് ഒരിക്കലും സ്വയം നിലനിൽക്കാൻ കഴിയാത്ത ഈ വ്യാപാരങ്ങൾ മനസ് മറ്റൊന്നിന്റെ സാന്നിധ്യത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് എന്ന് പറയുമ്പോ മനസ്സിനെ ഇങ്ങനെ നിരന്തരം പ്രവർത്തിപ്പിക്കുന്നതിന് സഹായിക്കുന്ന മറ്റൊന്ന് അതിനാണ് അറിവ് എന്ന് പറയുന്നത് അറിവും മനസ്സും നമുക്ക് വേർപിരിക്കാൻ കഴിയാത്തതാണ് പക്ഷെ വേർ പിരിയേണ്ടതാണെങ്കിൽ അറിവിലെന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെയാണ് മനസ്സെന്ന് പറയുന്നത് അത് ക്ഷീരവും നീരവും പോലെ കയറുന്നിരിക്കാണ് വേര് പിരിക്കാൻ പ്രയാസമാണ് കാരണം ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയുന്നു അപ്പൊ അവിടെ നമ്മൾ അറിവിനെയും മനസ്സിനെയും ഒരുമിപ്പിക്കുന്നു അറിവിൽ നിന്ന് മനസ്സിനെ നോക്കി വേർതിരിക്കാൻ കഴിയുന്നില്ല വാസ്തവത്തിൽ അറിവിൽ പ്രകാശിക്കുന്ന ഒന്നാണ് മനസ്സ് ഏതൊന്നാണോ മനസ്സിന് ആധാരമായിരിക്കുന്ന അതാണ് അറിവ് മനസ്സിനെങ്ങനെ വേറൊരു മനസ്സിലാക്കാം ശബ്ദസ്പർശ രൂപ രസഗന്ധം എന്ന് നമ്മൾ അറിയുമ്പോൾ എന്ന് വെച്ചാൽ വിഷയബോധത്തിൽ അങ്ങനെ അറിഞ്ഞിട്ട് പിന്നീടൊരിക്കൽ അതിനെ സ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി അറിയേണ്ടതിനെ കുറിച്ച് അപ്പോ അറിഞ്ഞതിനെ കുറിച്ച് തന്നെ നാനാ വിക വികൽപ്പങ്ങൾ അതാണോ ഇതാണോ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന സ്ഥാനം അതാണ് അറിവ് ഇത്തരം സംഭവങ്ങൾ അതാണ് മനസ്സ് ഇതിനെല്ലാം കൂടെ കൂടിച്ചേർത്തിട്ടാണ് മനസ്സെന്ന് പറയുന്നത് ഇതിനെങ്ങനെ വേർതിരിക്കാൻ കഴിയും വേർതിരിക്കാൻ വലിയ പ്രയാസമാണ് ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം പൂർണ്ണമായിട്ടല്ലെങ്കിൽ അറിവിന്റെ പ്രകാശത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നു ഇവിടെ വാക്യഭാഷ്യത്തിനൊരു ഉദാഹരണം പറയും ജലത്തിന് ഉഷ്ണം പോലെ ഒരാളുടെ കൈ കൈ പൊള്ളി അയാൾ തീയിൽ തൊട്ടിട്ടല്ല തിളച്ച വെള്ളത്തിൽ തൊട്ടിട്ടാണ് അയാളോട് ചോദിക്കണം നിങ്ങളുടെ കൈ എങ്ങനെയാ പൊള്ളിയത് തീയിൽ തൊട്ടിട്ടാണോ അതേ തിളച്ച തൊട്ടിട്ടാണോ അയാള് പറയും എന്താണോ തിളച്ച വെള്ളത്തിൽ തൊട്ടിട്ടാണ് പൊള്ളിയത് വാസവത്തിൽ അങ്ങനെയാ സംഭവിച്ചത് വെള്ളത്തിൽ സ്പർശിച്ചപ്പോ എന്റെ കൈ പൊള്ളിയെന്ന് പറയും തീ തൊട്ടിട്ടല്ല എന്നും പറയുന്നു ഞാൻ തീയിൽ തൊട്ടതേയില്ല പക്ഷെ വെള്ളത്തിൽ തൊട്ടപ്പോൾ പൊള്ളി ഇവിടെയാലും വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട് എന്താണ് വാസ്തവത്തിൽ അയാളുടെ കൈ പൊള്ളിയത് തീയിൽ തൊട്ടിട്ട് തന്നെയാണ് വെള്ളത്തിന്റെ സഹജമായ സ്വഭാവം എന്താണ് ശീതമാണ് അതിൽ തൊട്ടാലൊരിക്കലും പൊള്ളത്തില്ല എന്നാലും പറയുന്നെന്താണ് വെള്ളത്തിൽ തൊട്ടിട്ടാണ് പൊള്ളിയതെന്ന് പറയുന്നത് അവിടെ എന്താ സംഭവിച്ചത് വെള്ളമല്ല പൊള്ളിച്ചത് പൊള്ളിച്ചത് ആ വെള്ളത്തിൽ വ്യാപിച്ചിരുന്ന അഗ്നി തന്നെയാണ് അഗ്നി തൊട്ടിട്ട് തന്നെയാണ് പൊള്ളിയത് പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയുന്നു തിരിച്ചറിയാൻ കഴിയുന്നില്ല ഈ വെള്ളം എന്നെ പൊള്ളിച്ചില്ല ഈ വെള്ളത്തിലെ അഗ്നി എന്നെ പൊള്ളിച്ചു എന്ന് ജലം അഗ്നിമയമായി തീർന്നു അതുപോലെ ഈ മനസ്സ് ജ്ഞാനമയമായാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതിനെ വിവേകം കൊണ്ട് തിരിച്ചറിയും വെള്ളം കൊണ്ട് കൈപ്പൊള്ളി എന്ന് പറയുമ്പോൾ അവിടെ വിവേകം ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാകും ജലം സ്വാഭാവികമായും ശീതമാണ് അതിന് അഗ്നി വ്യാപിച്ചു അഗ്നിയുടെ സ്വഭാവം ഉഷ്ണമാണ് ഉഷ്ണം പൊള്ളിക്കും പക്ഷെ അത് കണ്ടറിയാൻ കഴിയുന്നില്ല അതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല അനുഭവത്തിൽ കൈപൊടി അവിടെ ജലത്തിൽ കാഴ്ചയിൽ അഗ്നിയെ പോലെ സ്പഷ്ടമുണ്ട് ഉഷ്ണം പക്ഷെ അനുഭവത്തിൽ സ്പർശന എന്ന് പറയുന്ന അനുഭവത്തിൽ അത് സ്പഷ്ടമാണ് കൈപൊടിപ്പോൾ ഇതുപോലെ മനസ്സും അറിവും ഒന്നായിപ്പോയി മനസ്സ് ചിന്മയമായി ജഡം ചൈതന്യവത്തായി ചൈതന്യവത്തായിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ഇത് മനസ്സാണ് ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഇത് അറിവാണ് വെള്ളത്തെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു ഇത് ജലമാണ് അടുത്ത നിമിഷം നമ്മൾ പറയുന്നത് എന്താണ് ഇത് ചൂടാണ് ഒന്ന് അഗ്നിയാണ് രണ്ടും പറയും ഒന്നിനെ തന്നെ രണ്ടും ഒന്നിനും രണ്ടാണ് ഇതുപോലെ ഒരേ മനസ്സിനെ തന്നെ നമ്മൾ പറയും എന്താണ് ഇത് അറിവാണ് പിന്നീട് പറയും എന്താണ് ഇത് മനസ്സാണ് ഇത് വാസ്തവത്തിൽ എന്താണോ ചിത് ജട സംയോഗമാണ് അതിനെ തന്നെയാണ് ചിത് ജടഗ്രന്ഥി എന്ന് പറയുന്നത് അത് ഉപയോഗത്തിരിക്കലത്തിലുള്ളതുപോലെ ജലത്തിലൊരു അഗ്നിയുടെ ഭാവമുണ്ട് അഗ്നിയുടെ ഭാവമാണ് നമ്മളെ പൊള്ളിച്ചത് അതിനൊരു ജലത്തിന്റെ ഭാവമാണ് അതാണ് അതിന്റെ തരളതയും മറ്റും ആ ജലത്തിന്റെ ഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരള അതിലേക്ക് കടന്നുപോയത് ജലം തരളമാണ് അത് പ്രവേശിക്കാൻ പറ്റും അപ്പം വിശേഷതയാണ് മറ്റു പല ജലത്തിൻ്റെതായ ഗുണങ്ങളും അവിടെയുണ്ട് അതുപോലെ ജഡധർമ്മങ്ങളുണ്ട് ആ ജടധർമ്മങ്ങളെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് ചൈതന്യമുണ്ട് അവിടെ അത് ഒരു തരത്തിൽ നമ്മൾ പറയും എങ്ങനെ മനസ്സെന്ന് പറയുന്നത് ജഡത്തിലുള്ള ചൈതന്യത്തിന്റെ പ്രതിബിംബമാണെന്ന് പറയും മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് വേറെ തരത്തിൽ പറയുന്നതാണോ ജഡത്തിൽ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നതാണെന്ന് പറയും അതും മനസ്സിലാക്കുന്നതിന് സൗകര്യം വേണ്ടി പറയാം കുറച്ചുകൂടി അത് സൂക്ഷ്മമായി പറഞ്ഞാലോ ചൈതന്യം അധിഷ്ഠാനമായിരിക്കുന്ന ഘടം അതാണ് മനസ്സ് സൂക്ഷ്മമായ ജഡത്തിന് ചൈതന്യം ആധാരമാകുമ്പോൾ അല്ലെങ്കിൽ അധിഷ്ഠാനമെന്ന് പറയാം അതിന് നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നു അത് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ കൂടിക്കലടന്നിരിക്കണം ഇതിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ ചോദ്യം അതിൽ മനസ്സും മനസ്സെന്ന് വിളിക്കുന്നത് എന്തിനാണ് ഞാൻ പറയുന്നു ഞാനിത് രൂപത്തെ അറിയുന്നു സ്പർശത്തെ അറിയുന്നു ഗന്ധത്തെ അറിയുന്നു രസത്തെ അറിയുന്നു അവിടെ എന്റെ ഉള്ളിൽ പ്രത്യക്ഷമാകുന്ന രൂപരസഗന്ധം അത് അതാണ് മനസ് രൂപരസന്ധങ്ങളെല്ലാം ഉള്ളിലാണല്ലോ അനുഭവപ്പെടുന്നത് പുറമേ എന്താ അനുഭവങ്ങളെല്ലാം നിൽക്കുന്നത് നമ്മൾ എവിടെ പറയും ഉള്ളിൽ മനസ്സിലെന്ന് പറയും അപ്പോൾ അവിടുത്തെ അനുഭവങ്ങൾ രൂപാത്മകമായ രസാത്മകമായ ഗന്ധാത്മകമായ അനുഭവങ്ങൾ ആ അനുഭവം തന്നെയാണ് സ്മരണയായും സങ്കല്പമായും വികല്പമായും അനുഭവമായും എല്ലാം നൽകുന്നത് വിസ്മരണമായും സ്മരണമായും വിസ്മരണമായും എല്ലാം വരും അത് യഥാർത്ഥമായും ഭ്രാന്തമായും എല്ലാം ഈ രൂപരസഗന്ധ ുള്ളിൽ വരുന്നത് അതാണ് മനസ് ഞാൻ രൂപത്തെ അറിയുന്നു എന്ന് പറയും എന്റെ ഉള്ളിൽ രൂപാനുഭവം ഉണ്ടല്ലോ അപ്പൊ ഉള്ളിലുള്ള അനുഭവത്തിൽ അധികമായിരിക്കുന്ന എന്താണ് രൂപം ഉള്ളിലുള്ള അനുഭവത്തിൽ അധികമായിരിക്കുന്ന എന്താണ് രക്തം ദന്ധം അത് പുറമേ നീക്കുമ്പോൾ നമ്മൾ പറയും അതിനെ വിഷയം എന്ന് പറയും ഉള്ളിലാകുമ്പോൾ അതിനെ നമ്മൾ പറയും അത് മനസ്സ് എന്ന് പറയും ഉള്ളിൽ ഈ രൂപം പുറമേ നമുക്കറിയാം രൂപ രസഗന്ധങ്ങൾ എവിടെയാ നീക്കുന്നത് നിങ്ങൾ പറയും ഈ പുസ്തകം ഇതിന് രൂപമുണ്ട് ഇതിന് ഗന്ധമുണ്ട് നമ്മൾ പുസ്തകത്തിൽ നമ്മൾ പറയും ഉള്ളിലെവിടെയാണ് ഈ രൂപം കാരണം അനുഭവം പുറമേ ഉള്ളിലാണ് ഉള്ളിലാണെന്ന് പറഞ്ഞാൽ എന്താ ഉള്ളിലാണെന്ന് പറയാൻ കാരണം കാരണം അനുഭവം എന്നോട് ചേർന്നായിരിക്കും ഞാൻ പറയുന്നു ഞാൻ അറിയുന്നു ഞാൻ ഈ പുസ്തകമാണോ അല്ല ഇപ്പൊ പുസ്തകത്തിലുള്ള രൂപത്തെ ഞാനാണറിയുന്നത് അപ്പൊ അറിവ് ഇവിടെ രൂപം ഇവിടെ എന്നിലല്ലേ എന്നിലായതാണ് പറയുന്നത് അത് ഉള്ളിലാണ് ഉള്ളിലെന്നെന്ത് പറയാൻ കാരണം അറിയുന്ന ഈ ശരീരമല്ല ഞാൻ ഈ ശരീരം രൂപത്തെ അറിയുന്നു എന്ന് നമ്മൾ പറയാറില്ല മറിച്ച് ശരീരത്തെ വിട്ടിട്ടാണ് പറയുന്നു ഞാൻ അറിയുന്നു ഞാനെന്ന് പറയുന്നത് ആന്തരികമായൊരു അനുഭവമാണ് അപ്പോ ഞാൻ രൂപത്തെ അറിയുന്നു രസത്തെ അറിയുന്നു എന്നെല്ലാം പറയുമ്പോൾ അവിടെ രൂപരസങ്ങളെല്ലാം ഉള്ളിൽ വരുന്നു വേറെ തരത്തിൽ പറഞ്ഞാൽ അത് എന്നോട് ചേർന്നു വരുന്നു ഞാനെന്ന് പറയുന്ന അനുഭവത്തോട് ചേർന്നു വരുന്നു അപ്പോൾ എന്റെ ഉള്ളിൽ ഇതെല്ലാം കൊണ്ട് നിറയുകയാണ് രൂപരസാദികൾ കൊണ്ട് നിറയുന്നു ബാഹ്യമായ വിഷയങ്ങളെ കൊണ്ട് ഉള്ളിൽ നിറയുന്നു അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ രൂപരസാദികൾ ഇതിനെയാണ് നമ്മുടെ മനസ്സെന്ന് പറയും അതെവിടെ നിൽക്കുന്നു ഉള്ളിൽ അതിന് ആധാരം എന്താണ് ഇതെവിടെ നിൽക്കും നമുക്ക് പറയാം ഈ നിറം ഇതിന്റെ ആധാരം എന്താണ് ഈ പുസ്തകമാണ് സ്പഷ്ടമാണ് പക്ഷെ ഈ നിറവും ഈ പുസ്തകവും എല്ലാം എന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കാണ് ഞാനിത് ഞാനറിയണില്ല എന്റെ ഉള്ളിൽ ഇത് പ്രകാശിക്കുന്നു എന്ന് പറയാം ഇതിന് ആധാരമായിരിക്കുന്നത് ഇത് രൂപമാണ് രസമാണ് ഗന്ധമാണ് പുസ്തകമാണ് എന്നുള്ള ഈ അനുഭവത്തിലെ ഈ രൂപരസഗന്ധങ്ങൾക്ക് ആധാരമായിരിക്കുന്നതാണ് അറിവ് അവിടുത്തെ രൂപരസഗന്ധങ്ങളാണ് മനസ്സ് അറിവ് മാറുന്നുണ്ടോ ഇല്ല അറിവെപ്പോഴും ഞാൻ ഞാനെന്ന് ഇവിടെ തന്നെയിരിക്കുന്നു രൂപരസഗന്ധങ്ങൾ അങ്ങനെയല്ല ഭൂമിയിലും ആകാശത്തിലും നക്ഷത്രങ്ങളിലും പുറമെയല്ല അത് വ്യാപിച്ചിരിക്കുന്നു ഇതെല്ലാം ഉള്ളിൽ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു അറിവിലാശ്രയിച്ചിരിക്കുന്നുണ്ടാവും അങ്ങനെയാണ് അറിവിനെയും മനസ്സിനെയും വേർതിരിക്കേണ്ടത് അതങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഉള്ളെന്നോ പുറമേയൊന്നോ ഉള്ള ഭേദമില്ലാതെ ഈ സർവ്വവും മനസ്സായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് പറയും മനോമയം ഇതം സർവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉള്ളു പുറമെന്ന് എഴുതിയിരിക്കുന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇത് മനോമയം തന്നെ സർവവും മനസ്സാണ് അതിൽ ഉള്ളു പുറമേ എന്നുള്ള ഭേദമില്ല അപ്പോ മനസ്സെവിടെ നിൽക്കുന്നു എന്നിൽ നിൽക്കുന്നു അറിവിൽ നിൽക്കുന്നു ബോധത്തിൽ നിൽക്കുന്നു അതാണ് ഈ ചോദ്യത്തിനടിസ്ഥാനമായിരിക്കുന്നത് മനസ്സ് എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു ഈ അറിവിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു അതാണ് ഇവിടെ സമാധാനം പറയാൻ പോകുന്നത് ചോദ്യത്തെ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആദ്യം സമാധാനത്തെ വ്യക്തമാക്കിയുണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഉള്ളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടേ ചുരുക്കത്തിൽ മനസ്സിത്രയേ ഉള്ളൂ മനസ്സിനെ നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ച് പഠിച്ചാലും ശരി മനസ്സിനെ കുറിച്ച് ഇത്രയോ പറയാൻ പറ്റും ഇതിനെ മനസ്സെന്ന് എന്തുകൊണ്ട് പറയുന്നു വേർതിരിക്കുന്ന എന്തുകൊണ്ടല്ല ചിത് ജടം ഇന്ന് വേഴുതിരിക്കുന്നതിന് കാരണം ഒന്ന് പറഞ്ഞു എന്താണ് ഇതെല്ലാ ഉള്ളിലാണ് ഒന്നുമ്പോ ഞാൻ പറഞ്ഞു അല്പം മുമ്പ് എന്താണോ ഇത് ചിത്തിന്റെ പ്രതിബിംബമാണ് അല്ലെങ്കിൽ മനസ്സിൽ ചിത്ത് വ്യാപിച്ചിരിക്കുന്നു ഒന്നുകൂടി പറഞ്ഞാൽ എന്താണോ ചിത്തിൽ മനസ്സ് പ്രകടമാകുന്നു അറിവിൽ മനസ്സ് പ്രകടമാവുകയാണ് അതാണ് അനുഭവം എന്ന് പറയുന്നത് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാകുന്നതാണ് പ്രതിബിംബം എന്ന് പറയുന്നതിനും ഇതിനെല്ലാം വ്യാപിക്കുന്നു എന്ന് പറയുന്നതിനും കുറച്ചുകൂടി വ്യക്തമാകുന്ന അതാണ് അറിവിൻ്റെ ഇത് പ്രകടമാകുന്നു റിവിൽ പ്രകടമാകുന്നെന്ന് പറഞ്ഞാൽ അറിവിന്റെ ഏറ്റവും സൂക്ഷ്മമായ നമ്മുടെ അനുഭവം എന്താണ് ഞാനെന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായ അനുഭവം അതുതന്നെ അപ്പൊ എന്നിൽ ഇത് പ്രകടമാവുകയാണ് മനസ്സ് വേറെ എവിടെയാണ് മനസ്സ് വരുന്നത് എന്നിൽ രൂപരസ ജന രൂപത്തിൽ ഇതിങ്ങനെ പ്രകടമാവുകയാണ് അതിന് സാങ്കേതികമായ രീതിയിൽ വൃത്തി എന്ന് പറയും കാരണം അത് ഒരു രൂപത്തിലല്ലേ നുഭവം വരുന്നു അടുത്ത നിമിഷം വേറെ ഒന്നും വരുന്നു വിഷയങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളത്തിലെ ചുഴികിളപ്പം ഒരേ ജലം ജലത്തിൽ വാസ്തവത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ജലം എന്ന് പറയുന്നതിന്റെ സ്വരൂപത്തിനൊരു മാറ്റം സംഭവിക്കുന്നു ജലത്തിന്റെ സ്ഥാനത്ത് അറിവിനെടുക്കും പക്ഷെ അവിടെ നിരന്തരം തരംഗങ്ങൾ ചുഴികൾ മാറി മാറി വരുന്ന അതാണ് ഓരോ അനുഭവങ്ങളും ആ മാറിമാറി വരുന്ന ചുഴികൾ അതിനാണ് മനസ്സെന്ന് പറയുന്നത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ജലത്തെ അറിവായിട്ട് കൊടുക്കാം ജലത്തിന് നോക്കുക ജലം എന്നുള്ള എനിക്ക് ചിന്തിക്കുക ജലത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ജലം അവിടെ ഏത് ചുഴികളും തിരകളും വന്നാലും ജലം ജലമായി തന്നെ നിൽക്കും പക്ഷേ തിരകൾ എങ്ങനെയല്ല അത് മാറി മാറി വരുന്നു അതിന്റെ ചുഴികൾ മാറി മാറി വരുന്നു അപ്പ മാറി മാറി വരുന്ന ഒരു ഭാഗം അതാണ് മനസ്സ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ശബ്ദ ശ്രവിക്കുന്നു ശബ്ദ ശ്രവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള അറിവ് ശ്രവണത്തിനനുസരിച്ച് പ്രത്യക്ഷപ്പെടുന്നു ഓരോ ശബ്ദവും നമ്മുടെ ഉള്ളിൽ ഓരോ അറിവിനെ ഉണ്ടാക്കുന്നു ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ ശ്രമിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവിനെ ഉണ്ടാക്കുന്നു ഈ ഓരോ അറിവും ഇത് മനസ്സാണ് ഇത് ആ ജലത്തിലെ തരംഗങ്ങളാണ് വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ തരംഗങ്ങളുണ്ടാകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ട് ഓരോ തരംഗങ്ങളുണ്ടാകുന്നു ഇതാണ് അറിവ് ഇത് മനസ്സാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെവിടെ സംഭവിക്കുന്നു ആ ജലത്തിൽ ജലരൂപത്തിലുള്ള അറിവ് എന്നിൽ എന്ന് പറയാം എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാനാകുന്ന അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് അറിവും മനസ്സും തമ്മിലുള്ള ബന്ധം ഒന്ന് പക്ഷെ ആ അറിവിൽ നിൽക്കുന്നു മനസ്സ് ജലത്തിൽ ചുഴി ഉണ്ടാകുന്നു വേർതിരിക്കാൻ വയ്യ പറഞ്ഞല്ലോ അഗ്നിയാണ് പൊള്ളിച്ചത് പക്ഷേ ജലമാണോ അഗ്നിയാണോ എന്ന് അതുകൊണ്ട് പറയുന്ന എന്താണ് ജലം പൊള്ളിച്ചതെന്ന് പറയും വാസ്തവത്തിൽ മനസ്സ് പ്രകാശിക്കുന്നു എന്ന് പറയാം അറിവിൽ വിഷയങ്ങൾ പ്രകാശിക്കുന്നുവെന്ന് പറയാം നമ്മളെ തിരുവനണേന്ദ്രിയത്തിലൂടെ ഈ ശബ്ദം നമ്മുടെ മനസ്സിൽ നമ്മുടെ അറിവിൽ നിരന്തരം ഈ മനസ്സിന് വൃത്തികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജലത്തിലേക്ക് കല്ലെടുത്തിടുന്നത് പോലെയാണ് ശബ്ദം നമ്മുടെ അറിവിനെ പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ നാനാ തരത്തിലുള്ള തരംഗങ്ങളുണ്ടാകുന്നു നാനാ തരത്തിലുള്ള അറിവുണ്ടാകുന്നു അതുകൊണ്ടാണ് ഈ അറിവ് പരമാർത്ഥമല്ലെന്ന് പറയുന്നത് അവിടെ വാസ്തവത്തിൽ പരമാർത്ഥം എന്താണോ അത് ജനമല്ല അവിടെ ഉണ്ടാകുന്ന ഈ തരംഗങ്ങളാണോ പരമാർത്ഥം അല്ലല്ലോ അതെല്ലാം നിശ്ചലമാകുന്നതാണ് അത് അവസാനിക്കുന്നതാണ് പക്ഷെ അതങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അതിനെ മനസ്സെന്ന് വിളിക്കും ആ പ്രവർത്തനം അതിനാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് ഈ മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നു എന്ന് പറയുന്നു മനസ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്യന്തികമായി മനസ്സിൽ നിന്ന് വേറിട്ട വിഷയങ്ങളൊന്നുമില്ല മനസ്സും വിഷയങ്ങളും പറയുന്നത് എന്താണോ ഒരു ചുഴിയും മറ്റൊരു ചുഴിയും തമ്മിലുള്ള വ്യത്യാസം പോലെയുള്ളു ഒരു ചുഴിയും മറ്റൊരു ചുഴിയും തമ്മിൽ നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചാൽ അതുപോലെ തന്നെ തമ്മിലുള്ള ബന്ധത്തെയും നമുക്ക് കണ്ടുപിടിക്കാം ആ വ്യത്യാസം ഉണ്ടെന്ന് പറയാം പക്ഷേ ബന്ധമുണ്ട് എന്താണ് രണ്ടു ഓരോടത്താ സംഭവിക്കുന്നത് അതുപോലെ ഒരറിവിൽ തന്നെയാണ് പലതരത്തിലുള്ള കുറച്ചുകൂടി കളിച്ചു പറഞ്ഞാൽ ഈ വികാര വിചാരങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ വികാര വിചാരങ്ങളുടെ ഭാവത്തെ നമ്മൾ എന്ത് പറയും മനസ്സെന്ന് പറയും ആ വികാര വികാരങ്ങൾ നമുക്ക് ആ അറിവിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ വയ്യും അതുകൂടെ ചേർത്താണ് നമ്മൾ അറിവെന്ന് പറയുന്നത് അപ്പം നമ്മൾ സാധാരണ അറിവെന്ന് പറയുന്നത് ഈ അറിവിനേയും മനസ്സിനെയും കൂടെ ചേർത്തിട്ടാണ് വേർതിരിക്കാൻ കഴിയാത്ത രീതി ജലത്തെയും ഉഷ്ണത്തെയും വേർതിരിക്കാൻ കഴിയാത്തതുപോലെ അല്ലെങ്കിൽ ജലത്തെയും അതിന്റെ തന്നെ തരംഗങ്ങളെയും വേർതിരിക്കാൻ കഴിയാത്തതുപോലെ അതൊന്നാണെങ്കിലും നമ്മൾ വേർതിരിച്ച് ചിലപ്പോൾ പറയുന്നു അതാണ് മനസ്സും ഈ അറിവും തമ്മിലുള്ളത് അപ്പോൾ വാസ്തവത്തിൽ അറിവിൽ മനസ്സ് നിൽക്കുന്നു അറിവിന്റെ തന്നെ രൂപാന്തരമായി അല്ലെങ്കിൽ വേദീതിയിൽ പറഞ്ഞ പരിണാമമായി അല്ലെങ്കിൽ അറിവിന്റെ തന്നെ അദ്വൈതത്തിൽ പറയുന്നത് എന്താണോ അറിവിന്റെ തന്നെ സ്ഫുരണമായി സ്ഫുരണമെന്ന് പറയുന്നത് അറിവിൽ നിന്നതിനെ വേറിതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നാൽ അതിന് നാനാ രൂപങ്ങളുണ്ട് വികാര വിചാരങ്ങൾ ആകുന്ന രൂപങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അറിവിന്റെ സ്ഫുരണങ്ങളെന്ന് പറയും അതിനാണ് മനസ്സെന്ന് അതിനെ നമ്മൾ ധരിക്കുന്നു എന്താണ് അത് വിഷയം അവിടെ വേറെയാണ് ആ വിഷയത്തിലേക്ക് മനസ്സു പോകുന്നു അതിന്റെ പുറകെ അറിവു പോകുന്നു അതിനെ അറിയുന്നു ഒരു വിഷയത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഇത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ എന്താണ് ഈ അറിവാകുന്ന ജലത്തിൽ ഒരു തരംഗം ഉണ്ടാകുന്നതിനർത്ഥം അങ്ങനെ നമ്മൾ ഒരു വിഷയത്തെ അറിയുന്ന പറയും അറിയുക എന്ന് പറയുന്ന ജോലി നമ്മൾ മനസ്സിന് വിട്ടുകൊടുക്കുക ഏതുപോലൊരു തരംഗം ഉണ്ടാകുമ്പോൾ അതിനെന്തുകൊണ്ട് അങ്ങനെ ആകാൻ കഴിയുന്നു ജലം ജലമുള്ളതുകൊണ്ട് തരംഗങ്ങളുണ്ടാവും പക്ഷെ അവിടെ ആ ജലം വാസ്തവത്തിൽ അതിന്റെ സ്വരൂപം നിസ്തരംഗമാണ് തരംഗരഹിതമാണ് ആ തരംഗരഹിതമായ അറിവിനെ അതിനെ നമ്മൾ സങ്കൽപ്പിക്കുന്നില്ല ജലത്തിൽ ഉഷ്ണത്തെ അറിയുമ്പോൾ ജലത്തെ നമ്മൾ വിസ്മരിക്കുന്നു ജഡത്തിന്റെ വാസ്തവ സ്വരൂപം ശീതമാണെന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നു പറയുന്നത് എന്താണോ അത് ജഡത്തിന്റെ ഉഷ്ണമാണ് ധരിക്കുന്നു അതുപോലെ ഈ വികാര വിചാരങ്ങളെല്ലാം ആണ് അറിവെന്ന് നമ്മൾ പറയും ഇപ്പോ ഈ ശബ്ദം നമ്മുടെ ഉള്ളിൽ വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിവുകളെയാണ് നമ്മൾ അറിവെന്ന് വിളിക്കുന്നത് എനിക്കറിവുണ്ടായിന്ന് പറയുന്നു ഇതല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ നമ്മൾ മനസ്സെന്ന് പറയുന്നത് അതെവിടെയാണോ സംഭവിക്കുന്നത് അതാണ് അറിവ് അറിവിലിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അറിവ് പ്രതിബിംബിക്കുകയല്ല നമ്മുടെ മനസ്സിലേക്ക് അറിവ് വ്യാപിക്കുകയല്ല അങ്ങനെ പറയുന്നത് തെറ്റെന്നുള്ളതല്ല കുറച്ചുകൂടി വ്യക്തമായാൽ എന്താണ് നമ്മുടെ അറിവിൽ മനസ്സ് പ്രവർത്തിക്കുക ജലത്തിൽ തരംഗങ്ങൾ പോലെ ജലത്തിൽ ഉഷ്ണം പോലെ അറിവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചോദ്യ ഭർത്താവിന് ഈ അറിവ് മനസ്സ് ഇത് രണ്ടും വേർതിരിച്ചറിയാമല്ല അറിവിൽ മനസ്സിന്റെ പ്രവർത്തനം എന്താണ് മനസ്സിൽ നിന്ന് വേറിട്ട അറിവെന്ന് പറയുന്ന എങ്ങനെ സ്ഥിതി ചെയ്യുന്നു അത് ആരും തിരിച്ചറിയാറില്ല അത് ഈ ആത്മവിദ്യയിലൂടെ തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് ചോദിക്കുന്നു ഈ മനസ്സ് എന്താണ് പദ്ധതിക്ക് വിഷയം പ്രതി ഓരോരോ വിഷയത്തിലേക്കും മനസ്സ് പോകുന്നു ഇതെങ്ങനെയാണ് വിഷയത്തിലേക്കും മനസ്സ് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ അറിവിൽ മനോമുദ്രകൾ ഉണ്ടാകും മനോമുദ്ര എന്താണത് ഇതായത് ഒരുപമാണ് ഇത് രസമാണ് ഇത് ഇങ്ങനെ അറിവുണ്ടാവുക അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നല്ല അത് പൊതുവായൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നു ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ് മനസ്സാകുന്ന അറിവ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം അതിന് വേറെ രീതിയിൽ പറഞ്ഞാൽ വിഷയഗ്രഹണം എന്ന് പറയും വിഷയഗ്രഹണം എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രഹണം എന്ന് പറഞ്ഞാൽ ജ്ഞാനമെന്നാണ് അർത്ഥം അറിവെന്നാണ് അർത്ഥം ജ്ഞാനം അറിവ് ബോധം ഇതെല്ലാം ഇവിടെ പരിയായ പദങ്ങളാണ് ജ്ഞാനം അറിവ് ബോധം ഇതിൽ എങ്ങനെ മറ്റൊരു ഗ്രഹണം സംഭവിക്കുന്നു വിഷയഗ്രഹണം സംഭവിക്കുന്നു അറിവിലെങ്ങനെ ഇത് രൂപമാണ് ഇത് രസമാണ് ഇത് ഗന്ധമാണ് ഇങ്ങനെ ഒരു ഗ്രഹണം സംഭവിച്ചു അതാണ് ഈ മനസ്സിന്റെ വിഷയങ്ങളിലേക്കുള്ള ചാട്ടം എന്നൂടെ പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ ഒരു ചെറിയൊരു വാക്യത്തിലൂടെ ചോദിച്ചു അതിന് താൽപ്പര്യം അതാണ് വേർതിരിക്കാൻ കഴിയാത്ത ഇതിനെങ്ങനെ വേർതിരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇതിന് ചി ജഡ്രന്ഥി എന്ന് പറയുന്നത് ഇത് വേട്തിരിക്കാൻ എളുപ്പമുള്ളതല്ല പരസ്പരം കെട്ടിയിരിക്കാണ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നുള്ളതാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് അപ്പൊ ഇത് അവസാനം പറയും എന്താണ് ഇത് ആരച്ചിട്ടാണിത് സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ആരോ ഇച്ഛിച്ചിട്ടല്ല ഞാൻ കണ്ണു തുറക്കുന്നു കാണുന്നു ശബ്ദം എന്റെ ചെവിയിലേക്ക് വരുന്നു ഞാൻ കേൾക്കുന്നു എന്റെ തൊക്ക് ശീതത്തെ ഉഷ്ണത്തെ സ്പർശിക്കുന്നു ഞാനതിനെ ഗ്രഹിക്കുന്നു ഇവിടെ ആരാ ഇച്ഛിക്കുന്നത് ആരും ഇച്ഛിച്ചിട്ടല്ല ഇതിന്റെ പിന്നിന്നെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ആരിച്ഛിച്ചിട്ടാണെന്നുള്ള ചോദ്യത്തിന്റെ താല്പര്യം ആരെങ്കിലും അവിടെ ഇച്ഛിക്കുന്നുണ്ടോ ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടോ ഒന്നുമില്ല സമാനം പറയെന്താണോ ഇതങ്ങനെ സംഭവിക്കുന്നു അറിവിന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നു എന്ന് പറയാം അറിവിൽ സംഭവിക്കുന്നു അറിവിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതല്ല മനസ് അറിവിലെ സംഭവങ്ങളാണിതല്ല നമ്മൾ പറയുന്നത് എന്റെ സാന്നിധ്യത്തിൽ ഇതിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രേരണയും കൊടുക്കുന്നില്ല ഇങ്ങനെ അനന്തമായ സംഭവങ്ങൾക്കുള്ള സാധ്യത ഈ മനസ്സില് കിടപ്പുണ്ട് ഈ അറിവിൽ ഉണ്ട് അതുകൊണ്ടിതെല്ലാം അറിവിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ പറയുന്നു മനസ്സ് അദ്വൈതത്തിൽ പറയുമതാണോ ഈ പ്രപഞ്ചമെല്ലാം പ്രപഞ്ചം ആഗമേ മനസ്സാണെന്ന് പറയും ഇതം സർവം മനോമയം അത് പൂർണമായും ശരിയാണ് അങ്ങനെ വിവേചിച്ചറിയുമ്പോൾ ഈ അറിവും മനസ്സും എന്താണ് എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിവേചിച്ചറിയുമ്പോൾ അത് പൂർണമായും ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും യുക്തിയിലൂടെ ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്ന ദൃഷ്ടാന്തത്തെയും മറ്റും കാണിക്കുന്നത് അറിവിലാണ് ഈ മനസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ കാണിക്കുന്നത് അവിടെ അറിവുണ്ട് മനസ്സല്ല മനസ്സില്ലാതെ ഈ അറിവിന് നിക്കാം സുഷുപ്തിന് സംഭവിക്കുന്നു മനസ്സില്ലാതെ അറിവ് നിക്കുന്നു അറിവില്ലാതെ മനസ്സല്ല മനസ്സില്ലാതെ അറിവ് നിക്കുന്നു സുഷുപ്തി ഗാഠനിദ്ര അതിൽ തന്നെ പലതലങ്ങളുണ്ട് അവിടെ തന്നെ മനസ്സ് അറിവ് എന്നെ ആശ്രയിച്ച് അതിനെ വിട്ടിട്ട് നീക്കും അപ്പൊ ഒരാൾ ഉറക്കത്തെ മറ്റൊരാളുടെ ഉറക്കത്തെ പഠിച്ചിട്ട് അയാൾ എന്തെങ്കിലും ഒരു നിഗമനത്തിൽ എത്തിയെന്നിരിക്കട്ടെ ഏറ്റവും രസകരമായ കാര്യമാണ് ഒരുവന്റെ ഉറക്കത്തെ അവന് മാത്രമേ പഠിക്കാൻ പറ്റൂ വേറൊരാൾക്കും സാധ്യമാ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളുടെ ഉറക്കത്ത് പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ച് ഇന്ന് ഡോക്ടർമാറ്റും മറ്റും ചെയ്യുന്നില്ല അവൻ പഠിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത് അവന്റെ മനസ്സായിരിക്കും അവന് കിട്ടുന്ന ആ പഠന ഫലം എന്ന് പറയുന്നത് അവന്റെ മനസ്സായിരിക്കും കാരണം പഠിക്കുന്നവന്റെ മനസ്സിനെ പെട്ടിട്ട് അവന് പഠിക്കാൻ പറ്റത്തില്ല വാസ്തവത്തിൽ അവൻ പഠിക്കുന്നത് വേറൊരുവന്റെ ഉറക്കത്തെ അവൻ പഠിക്കുമ്പോ തന്റെ ഉണർവിനെ കൂടെ അവൻ പഠിക്കുന്നുണ്ട് അവൻ വിസ്മരിക്കും തന്റെ ഉണർവ് കൊണ്ട് വേറൊരു ഉറക്കത്തെ പഠിക്കുമ്പോ അവന് കിട്ടുന്ന എന്തായിരിക്കും ഉറക്കത്തിനെ പാഠമായിരിക്കില്ല ണർവിനെ കുറിച്ചുള്ള പാഠമാണ് കാണും കാരണം ഉണർന്നിരുന്ന മനസ്സാണ് പഠിക്കുന്നത് ഉറക്കത്തോ ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല അല്ലേ നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെന്ത് പഠിക്കുമ്പോഴും ഉണർന്ന നമ്മളെ മനസ്സാണ് പഠിക്കുന്നത് ഉറങ്ങിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ണർന്നിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് പഠിത്തമാണോ ഉണർന്നിരിക്കുമ്പോ അവിടെ ഉറക്കമില്ല ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ പഠിക്കാൻ പറ്റും സാധ്യമേ അല്ല അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ അവിടെ പഠിക്കുന്നത് ഉണർവായിരിക്കും മനസ്സായിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട മനസ്സ് ഉറക്കത്തെ വിളിച്ച് പഠിച്ചാൽ അത് ഉറക്കത്തെ കുറിച്ചുള്ള അപൂർണമായ അറിവായിരിക്കും കാരണം ഉറക്കത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നേയില്ല അതിനും നമ്മൾ വേറെ ആരുടെത്തും പോയി ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഈ പറഞ്ഞ രൂപരസഗന്ധാനുഭവം അവിടെയില്ല അത് തന്നെ മറ്റൊരുവനും അത് പഠിക്കാൻ പറ്റത്തില്ല വേറൊരു മനസ്സിനും പഠിക്കാൻ പറ്റത്തില്ല മനസ്സുണ്ടെങ്കിൽ അവിടെ ഉറക്കമില്ല പിന്നെങ്ങനെ അത് പഠിക്കാൻ പറ്റും രൂപരസഗന്ധാനുഭവം ഇല്ലാത്തതല്ല അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെങ്ങനെ പഠിക്കുന്നു രൂപരസഗഗന്ധ അനുഭവങ്ങളെയാണ് പഠിക്കുന്നത് ഉറക്കത്തെയല്ല ഉറക്കത്തിലെത്താൻ കഴിയില്ല ഒരിക്കലും മനസ്സിന് ഉറക്കത്തിലെത്താൻ കഴിയില്ല അവരുടെ അറിവ് മാത്രം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിനെ ആശ്രയിക്കാതെ ഉറക്കം നിൽക്കുന്നു ഇത് അനുഭവത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കണം അനുഭവനിഷ്ഠമായി ചിന്തിക്കണം അപ്പോൾ മനസ്സിലാകും കാരണം ഉറക്കത്തിൽ പിടിവിട്ടുപോകും ഉറക്കത്തിൽ ഈ മനസ്സിന്റെ ഒരു അഭ്യാസവും നടക്കുന്നുണ്ട് അത് കേവല സ്വാനുഭവം മാത്രം അതിന് വേറെ പ്രമാണങ്ങളൊന്നുമില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണോ ഈ അറിവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണോ ഇല്ലാതിരുന്നത് അതാണ് മനസ്സ് മനസ്സിന്റെ ഏറ്റവും തന്നെ നിർവചനമാണ് ഉറക്കത്തിൽ ഏതാണോ ഉണ്ടായിരുന്നത് അതാണ് അറിവ് അതാണ് അറിവിന്റെ ഏറ്റവും തന്നെ നിർവചനം അങ്ങനെയുള്ള മനസ്സ് ആ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു അതാണ് ചോദ്യം ഞാൻ ഇത്രയും വിശദീകരിച്ചത് മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം മനസ്സെന്താണെന്ന് അറിയണേ അല്ലാതെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം അപ്പൊ ആ മനസ്സ് ആരുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അയാളെ അറിയാനാണ് ചോദ്യം അത് സമാധാനമായിട്ട് പറയും അത് സാന്നിധ്യത്തിലാണ് മനസ്സിന്റെ മനസ്സാണ് തരംഗങ്ങളുടെ ജലമാണ് എന്ന് പറയുന്നു മനസ്സിന്റെ മനസ്സ് ശ്രോത്രത്തിന്റെ ശ്രോത്രം എന്നെല്ലാം പറയുന്നു ഇനി ഭാഷകാരനൂടെ പറയുന്നത് ഇന്നെ സംബന്ധിച്ചുള്ള ചില സാങ്കേതികമായ കാര്യങ്ങളാണ് കേരളീഷിതം മനഃപദ്ധതി ഇതാണോ ചോദ്യം ആ ചോദ്യത്തെ തന്നെ ഒന്ന് പരിശോധിക്കണം ശരിയായ അർത്ഥത്തിലെത്തണമെന്ന് ഭാഷയിലൂടെയാണ് ആശയത്തെ ഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഭാഷയെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നു ഭാഷയെ നിരാകരിച്ചിട്ട് ആശയത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല ഈ ചോദ്യത്തിന്റെ താല്പര്യം എന്താണ് അതാദ്യം ചോദ്യത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്നാലും ചോദ്യം മനസ്സിലായല്ലേ ഉത്തരം മനസ്സിലാവും ഇവിടെ ഒരു ചോദ്യം ഉണ്ട് എന്താണ് ആ ചോദ്യം ഒന്ന് ആദ്യം മനസ്സിലാക്കാം കർമ്മ ഫലമുണ്ടാകും കർമ്മം ചെയ്യുമ്പോൾ വ്യക്തിക്കറിയാം ഇതിന് ഇന്ന ഫലം ഉണ്ടാകും അപ്പോൾ നിഷ്കാമ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വിശദമാക്കണം ഇതിന്റെ ഫലം നമ്മൾ ഇതിന്റെ ചർച്ച ഇതിന്റെ ചില സാങ്കേതികമായ കാര്യങ്ങളാണ് ഭാഷയെ സംബന്ധിച്ചാണ് എങ്ങനെ ഈ ചോദ്യത്തിന്റെ താല്പര്യം കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഒരാളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലായാലേ ഉത്തരം പറയാൻ പറ്റും ചോദ്യകർത്താവ് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട് ഒരാൾ എന്നോട് ചോദിക്കുന്നത് എന്താണ് കർമ്മം എന്താണ് കർമ്മം എന്ന് ചോദിക്കുമ്പോ കർമ്മം എന്നുള്ള ആ വാക്കിൽ നിന്ന് അയാൾ ഉദ്ദേശിക്കുന്ന എന്താണ് അതിനെ കുറിച്ച് അയാൾക്ക് ബോധ്യം വേണം അയാൾ എന്ത് കർമ്മത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് കർമ്മത്തെ കുറിച്ച് ഉത്തരം പറയുന്ന ഞാൻ ഒന്ന് ധരിക്കുകയും ചോദ്യം ചോദിക്കുന്ന ആള് വേറൊന്നും ധരിക്കുകയും ചെയ്തു കഴിഞ്ഞാണ് ആ ചോദ്യവും ഉത്തരവും തമ്മിൽ ബന്ധം വരുത്തില്ല താൻ ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദ്യം കൊടുത്ത അവന് ശരിയായ ബോധം വേണം എന്താണ് കർമ്മം അതുപോലെ ഇവിടെ ചോദ്യത്തെ കുറിച്ച് ഭക്ഷ്യകാരൻ ഒന്ന് ചിന്തിക്കുകയാണ് എന്തായിരിക്കും